അതിനാൽ പരലോകത്തിനുവേണ്ടി ഐഹിക ജീവിതത്തെ വിൽക്കുന്നവർ അള്ളാഹു സുബാനഹുവ ചായാലിയുടെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യട്ടെ അള്ളാഹുസുഹാനഹുവ ചായാലിയുടെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തു കൊല്ലപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യുന്നവർക്ക് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്